നിങ്ങൾ നിഷേധിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവത്തായാല നിങ്ങളെക്കൊണ്ട് ഐശ്വര്യമില്ലാത്തവനാണ് തൻറെ ദാസന്മാർ നിഷേധിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ നന്ദിയുള്ളവരായാൽ അതവൻ നിങ്ങൾക്കിഷ്ടപ്പെടുകയും ചെയ്യും ഒരാളുടെ ഭാരം മറ്റൊരാൾ ചുമക്കേണ്ടി പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് തന്നെ നിങ്ങളുടെ മടക്കമാണ് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചുതരും തീർച്ചയായും ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുന്നവനാണ്